മൂസ അലിഹിസ്സലാം നിശ്ചയിക്കപ്പെട്ട കാലാവധി പൂർത്തിയാക്കി തൻറെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം തൂർപർവ്വതത്തിന്റെ ഒരു വശത്ത് തീ കണ്ടു അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുക ഞാനൊരു തീ കണ്ടിരിക്കുന്നു അതിൽ നിന്നൊരു വാർത്തയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടാകാൻ ഒരു കനലോ ഞാൻ കൊണ്ടുവരാം